കരാർ ഉറപ്പിച്ചതിനു ശേഷം അള്ളാഹു സുബാനഹൂവ ചായാലായായായായായുമായുള്ള കരാർ ലംഘിക്കുകയും അള്ളാഹു സുബഹാനഹൂവ ചായാല ബന്ധിപ്പിക്കാൻ കൽപ്പിച്ചതിനെ വിച്ഛേദിക്കുകയും ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്നവരാണവർ അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ നഷ്ടം സംഭവിച്ചവർ